ഇത്രയും പറയുന്നതിന്റെ ഭാമതി അവിടുത്തെ ബാമതി എന്ന് നോക്കണം താഴെ ബാമതി എന്ന് എഴുതിയിട്ടുണ്ട് ഏറ്റവും മേളിൽ വരുന്നതിന്റെ താഴെ ഏറ്റവും അവസാനത്തേണ്ട അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം മൂന്നുള്ളതിലും രണ്ടാമത്തെ വ്യാഖ്യാനം അല്ല ഇന്ത്യ ഉള്ളതിലാണെങ്കിൽ ബാമതി അപ്പോ ഇതിന്റെ ഭതി എഴുതിയിരിക്കുന്ന ആരാണ് പാചസ്പതി മിശ്രം അപ്പോ ബ്രഹ്മസൂത്രത്തിന് ആദ്യമുണ്ടായ രണ്ട് വ്യാഖ്യാനങ്ങളാണ് പഞ്ചപാതിക രണ്ടാണ് പിന്നെയാണ് ബാക്കിയെല്ലാം വരുന്നത് എഴുതിയിരിക്കുന്നത് വാചസ്പതി മിശ്രം എല്ലാ ദർശനങ്ങൾക്കും വ്യാഖ്യാന എഴുതിയ ആളാണ് അപ്പൊ ഇവിടെ നമ്മൾ ഇത്രയും വായിച്ച ഭാഗത്തില് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ വരും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതെല്ലാം വിശദീകരിക്കുന്നതാണ് ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് പിന്നെ അതിൻ്റെ സമാധാനം പറയുന്നിടത്തോ അതുപോലെ തന്നെ നമുക്കെല്ലാം മനസ്സിലായി തോന്നുമെങ്കിലും നമുക്ക് മനസ്സിലാകത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളുണ്ട് അതിനൊക്കെയാണ് ഭാഗികാരൻ ചിന്തിച്ച് മറുപടി പറയും നമുക്ക് മനസ്സിലായല്ലോ ഇത്രയും ഭാഗം നമ്മൾ മനസ്സിലായിന്ന് പറയുന്നിടത്ത് നമുക്ക് മനസിലാകാത്ത ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണും നമ്മൾ വിചാരിച്ചോ മനസിലായി അതാണ് ഭഗവധികാരൻ കണ്ടെത്തി വിശദീകരിക്കും അപ്പൊ അതിൽ ആദ്യം വരുന്ന മംഗളാചരണമാണ് അനിർവാച്യാവിദ്യ പ്രഭവതോ കണ്ട നമാമസ്തബ്രഹ്മാ ബാമതികാരന്റെ സംസ്കൃതം എന്ന് പറയുന്നത് നല്ല സ്റ്റാൻഡേർഡ് സംസ്കൃതമാണ് സംസ്കൃതം ഭാഷ പഠിക്കുന്നെങ്കിൽ തന്നെ ബാമതി വായിക്കണം നല്ല സംസ്കൃതം എന്ന് പറയണം അനുർവാച്യതയസിവയത അനിൽ തേജോപവനയ യൂത് വിശ്വം ചരാചര ഉച്ചാവചം ഇതം നമാ ബ്രഹ്മ അപരിമസുഖജ്ഞാനമൃതം അനുവാച്യദ്യതയസിവ പ്രഭവതാണ് അനിൽതേജോപവനയ പട്ടപദമാണ് വിയത് ചിലേജ് ആപ്ച അന്തുസമാസം വിയതനിലതേജോപവനയഭൂത് വിശ്വം ചരാചരം ചരം ചരംചരം ഉച്ചാചം അമ്പിയമാണ് ഇതം നമാമ തത് ബ്രഹ്മ അപരിമിതസുഖജ്ഞാനം അമർത്തണം അങ്ങനെയാണ് പദം പിരിക്കേണ്ടത് യ അനുവാച്യ അവിദ്യതിദയസജീവസ േജോപവനയ ചരമചരം ഉച്ചാവചം ഹിതം വിശ്വം അഭൂത് അവിടെ ചരം അചരം എന്നാണെങ്കിൽ രണ്ടു പദവും ചരാചരം എന്നാണെങ്കിൽ എട്ട് പദം യഥ ചരം അചരം ഉച്ചാവചം ഇതം വിശ്വം അഭൂത് യരം അചരം ഉച്ചാവതം ഇതം വിശ്വം അഭോ അങ്ങനെ പറയുന്നു അപരിമിതസുഖജ്ഞാനം അമൃതം തദ് നമാമെന്ന് പറയുന്നതാണ് ക്രിയ എന്റെ കർത്താവ് ആരാണ് ഭർത്താവ് അധ്യായിക്കണം വയം നമാ നമാ ഏത് വചനമാണ് ഉത്തമർഷ് ഭമി നമാവ നമാമ നമതി നമ നമ അപ്പോ ഇവിടെ വയം ഹു എഴുതിയാൾ സ്വയം പറയണം ഞാൻ നമിക്കുന്നു പൂജിത ബഹുവിനെന്ന് വെച്ചാൽ റെസ്പെക്റ്റ് പറയുക ഞാൻ നമിക്കുന്നുവന് നമ്മൾ നമിക്കുന്നു ഉദയം സാധാരണ ഉപയോഗിക്കാറില്ല നാം ഇതാണ് പൂജിത ബഹു എന്ന നമാമഹ നാം എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു ശൈലിയാണ് ഒരു വ്യക്തി സ്വയം പറയുമ്പോൾ ബഹുദിനത്ത് പറയാം അങ്ങനെയാണ് പൂജ്യം നമാ അപ്പ ബ്രഹ്മത്തെയാണ് നമസ്കരിക്കുന്നത് എങ്ങനെയുള്ള ബ്രഹ്മം അനിർവാച്യാവിദ്യ സജീവ ഏതൊരു ബ്രഹ്മത്തിൻ്റെതാണോ അനിർവാച്യ അനിർവാച്യമായിരിക്കുന്ന വിദ്യ അനിർവാച്യമായിരിക്കുന്ന അവിദ്യയാകുന്ന ധൃദയം അനിർവാച്യമായ അവിദ്യയാകുന്ന രണ്ട് എന്ന് വെച്ചാൽ രണ്ടവിദ്യ രണ്ടവിദ്യ എന്നിവിടെ പറയുന്നത് ഒന്ന് മൂലാവിദ്യ അനാദിയായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിന് ഉപാദാന കാരണമായിരിക്കുന്ന മൂലാവിദ്യ പിന്നെ രണ്ടാമത്തെ വിദ്യ ഈ ഓരോ ജന്മത്തിൽ നിന്നും ഉണ്ടാകുന്ന സംസ്കാരം അല്ലെങ്കിൽ പൂർവ്വപൂർവ്രഹ്മുണ്ടാകുന്ന സംസ്കാരം അനുഅവിദ്യ ഇവിടെ പറയുന്നത് വാജ് പരമേശ്വരൻ അവിദ്യ തരണ്ടുന്ന മൂലാവിദ്യയാണ് ഓരോ ജീവന്മാർക്കും ഓരോ ജന്മത്തിൽ നിന്നും ഉണ്ടാകുന്ന ബ്രഹ്മസംസ്കാരം രണ്ടാമത്തെ വിദ്യ അങ്ങനെയാണ് അവിദ്യാതിഥേയം എന്ന് വെച്ചാൽ രണ്ടവിദ്യ ആ അവിദ്യാതിഥേയം സജീവമായിരിക്കുക എന്ന് വെച്ചാൽ സഹകാരിയായിരിക്കും പല കാര്യങ്ങൾക്ക് സഹകാരിയായിരിക്കും സഹകരിക്കുന്നതാണ് അത് ഈ അവിദ്യ യും എങ്ങനെയുള്ള വിദ്യ അനർവാച അത് സഹകാരിയായിരിക്കുന്നു ആർക്ക് ബ്രഹ്മത്തിന് കാരണം ബ്രഹ്മം ആ വിദ്യ ഉപയോഗിച്ചാണ് സൃഷ്ടിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് പിന്നെന്താണ് ആ ബ്രഹ്മം പ്രഭവത സാമർഥ്യമുള്ളതാണ് ശക്തിയുള്ളതാണ് ശേഷിയുള്ളതാണ് സമർത്ഥമാണ് അതാണ് പ്രഭവതഹ ഏത് ബ്രഹ്മം ബ്രഹ്മം ആവിദ്യയെ കൂട്ടുപിടിച്ചിട്ടാണ് സൃഷ്ടി നടത്തുന്നതെങ്കിലും ബ്രഹ്മം സ്വയം ശക്തിയുള്ള അതാണ് പ്രഭവതഹ സമർത്ഥം പ്രഭവതഹ എന്ന് പറയുന്ന ഏത് വ്യക്തിയാണ് സൃഷ്ടി യെ അതിനോട് അന്വയിക്കുന്ന പ്രഭവത ഇതൊക്കെ ബ്രഹ്മത്തെ വിശേഷിപ്പിക്കുകയാണ് ബ്രഹ്മെന്ന് പറയുന്നത് അനിർവാച്യമായ രണ്ടവിദ്യയോട് കൂടിയതും രണ്ടവിദ്യയാകുന്ന സഹകാരിയോട് കൂടിയതും സമർത്ഥവും പിന്നെ എന്ന് വെച്ചാ നമ്മുടെ അനുഭവത്തിലുള്ള ഏതേന്ന് പറയുന്നേതു അറിഞ്ഞിരിക്കുന്ന വേണ്ടിയൊരു വിയതലിലെ തേജോപവനയഹ വിയത് ആകാശം അനിലം എന്താണ് സമാസം വന്നപ്പോ അപ്പെന്നാണ് ആകാശം വായു അഗ്നി ജലം ഭൂമി അങ്ങനെയാണ് പറഞ്ഞത് അനില തേജഅ വിഗ്രഹിക്കുമ്പോ ആപഹാന്ന് പറയും ആപഹാന്ന് പറയുന്ന ഏത് വ്യക്തിയാണ് സമാസത്തിയുരുമ്പോ അപ്പെന്നു സിപ്പുലോ അവനയഹ അവനീട് പോകുന്നു ഏത് ഈ കാണുന്ന ആകാശം വായു അഗ്നി ജലം ഭൂമിയെല്ലാം ഏതൊന്നിന്റെ വിവർത്തമാണോ ഏതൊന്നിന്റെ ബ്രഹ്മത്തിന്റെ വിവർത്തമാണോ അങ്ങനെയുള്ള ബ്രഹ്മത്തെ നമസ്കരിക്കുന്നു പിന്നെ എങ്ങനെയാണ് ആ ബ്രഹ്മം പറയുന്നു യഥ ഏതൊരു ബ്രഹ്മത്തിൽ നിന്നാണോ യഥാന്ന് പറയും എന്താണോ ഏത് ഭക്തിയാണ് യഥാന്ന് പറയും അമ്പീയമാണ് ഏതൊരു ബ്രഹ്മത്തിൽ നിന്നാണോ ചരം അചരം ചരവും അചരവുമായത് ചരം ചലിക്കുന്നത് അചരം ചലിക്കാത്തത് ചരം പക്ഷിമൃഗാദികളും അചരം വൃക്ഷപാഷാണാദികളും ഭക്ഷണത്തിന്റെ കല്ലുകൾ ചരവും ആചരവും ഉച്ചാപചം അഭ്യയമാണ് നാനാവിധം പല പ്രകാരം ഉച്ചാവചം ചരാചരവും നാനാവിധവും ഉള്ളതായ ഇതം വിശ്വം ഈ വിശ്വം ഉണ്ടായത് ഏതൽ നിന്നാണോ അഭൂ ഏത് ക്രിയാരൂപമാണ് ഏതിന്റെ ഏതിന്റെ കാലം ആദ്യം പഠിക്കുന്ന വെറുതെ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ശരിക്കും ബാക്കി രൂപങ്ങൾ പഠിച്ച ഭൂതാദിന്റെ രൂപങ്ങൾ പഠിച്ച ഇത് എഴുതാണെന്ന് അബോധ ആ ഭൂത് ഏത് രൂപമാണെന്ന് ഇവിടെന്താ എഴുതിയിരിക്കുന്നു അബോധം എന്നാണ് എഴുതിയിരുന്നത് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നു അബോധിക്കേതൊന്നും അറിയത്തില്ല ഇത്രയൊക്കെ പഠിക്കും ആ ഭൂതി ഇത സ്വീകാരം ലോപിച്ചു സിചിനന്ദ്രമിതി സാമാന്യ ഭൂതത്തിലാണ് ലുങ്ങ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അബോധെന്ന് ഉപയോഗിച്ചത് ഇടയ്ക്കൊക്കെ എടുത്ത് മറിച്ചു പോകണം ലുങ്ങ് പഠിച്ചായിരുന്ന ലുങ്ങ് യഥ അബോധ് ഏതൊന്നാണോ ചരാചരവും ചരവും അചരവും ഉച്ചാവചവും നാനാവിധത്തിലുള്ളതുമായ ഇതം ഈ വിശ്വം ജിഗത്ത് അഭൂതമുണ്ടായത് വേദനവും ജ്ഞാനസ്വരൂപവുമായ അമൃതം നിത്യമായ തദ് ബ്രഹ്മത്തെ നമാമഹ നമിക്കുന്നു അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്നെന്താണ് ബ്രഹ്മത്തിനെ കുറിച്ചും പറഞ്ഞു അവിദ്യയെക്കുറിച്ചും പറഞ്ഞു രണ്ടു കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അവിദ്യ എന്ന് പറയുന്നതിന് ബ്രഹ്മശക്തി എന്ന് പറയാം ബ്രഹ്മത്തിന്റെ ശക്തിയാണ് അവിദ്യ അദ്വൈതമനുസരിച്ച് ആ അവിദ്യയാണ് ജഗത്തിനു എങ്ങനെയാണോ മൺപാത്രത്തിന് മണ്ണ് ഉപാദാന കാരണമായിരിക്കുന്നത് അതിനാണ് ഉപാദാന കാരണമെന്ന് പറയും മൺപാത്രത്തിന് മണ്ണുപാദാന കാരണമായിരിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിന് ഉപാദാന കാരണമായിരിക്കുന്നത് അവിദ്യ ഉപാദാന കാരണമെന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കും അവിദ്യ പരിണമിച്ചാണ് ഈ ജഗത്ത് ഉണ്ടായത് അവിദ്യാപരിണാമമാണ് ജഗത്ത് അവിദ്യയുടെ പരിണാമമാണ് ജഗത്ത് അങ്ങനെയുള്ള ആ അവിദ്യ എന്ന് പറയുന്നത് അനിർവചനീയമാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം സത്വസാഭ്യാം നിരൂപയു അനർഹം സത്വ അസത്വാഭ്യം നിരൂപയിതും സത്വം അസത്വം എന്ന് നിരൂപണം ചെയ്യുന്നതിന് അനർഹം കഴിയാത്തത് സത്തന്നോ അസത്തന്നോ ഉള്ളതെന്നോ ഇല്ലാത്തതെന്നോ നിശ്ചയിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് പറയുന്നത് അനുർവചനീയം എന്ന് പറയുന്നത് അവിദ്യ അങ്ങനെയാണ് അതാണ് അനുവാചം എന്ന് പറയുന്നത് എന്താ അങ്ങനെ നിരൂപണം ചെയ്യാൻ കഴിയാത്തത് സത്യസദിന ബാധ്യത അവിദ്യ സത്തായിരുന്നെങ്കിൽ എന്നുവെച്ചതായിരുന്നെങ്കിൽ എന്നുവെച്ചാൽ പരമാർത്ഥമായിരുന്നെങ്കിൽ ന ബാധ്യത അത് ഇല്ലാതാകത്തില്ല അപ്പോ അദ്വൈതത്തെ സിദ്ധാന്തം ഒന്നാണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് അവിദ്യ നശിച്ചു തോന്നുന്നു അത് നശിച്ചു തോന്നുന്നതാണ് പക്ഷെ അത് ബ്രഹ്മം പോലെ അതും ഉള്ളതായിരുന്നെങ്കിൽ നശിക്കും ശു എന്ന് ഒന്നിനെങ്ങനെ ഉള്ളതെന്ന് പറയാൻ പറ്റും എന്നും നിലനിൽക്കുന്ന പറയാൻ പറ്റില്ല അതുകൊണ്ട് സത്വമായിരുന്നെങ്കിൽ നാധ്യേത അസത്വ പ്രതീജീത അസത്വമായിരുന്നെങ്കിൽ അതിന്റെ അനുഭവം നോക്കുണ്ടാകണ്ടായിരുന്നു സത്വമായിരുന്നെങ്കിൽ അത് നശിക്കത്തില്ലേ പറയും യഥാബ്രഹ്മം സത്യസ്ഥാധ്യത യഥാബ്രഹ്മ അസത്യസിനശവിഷാണ് ഈ അവിദ്യ എന്ന് പറയുന്നത് ഇല്ലാത്തതായിരുന്നെങ്കിൽ അതിന്റെ അനുഭവം നമുക്കുണ്ടാകുമായിരുന്നില്ല ഏതുപോലെ ശശഭിഷാണ് മുയൽക്കൊമ്പ് പോലെ മുയൽക്കൊമ്പിന്റെ അനുഭവം ആർക്കെങ്കിലും ഉണ്ടോ എന്തുകൊണ്ട് മുഴൽകൊമ്പില്ല ഉണ്ടെങ്കിലേ അനുഭവപ്പെടുന്നു അത് ഉള്ളതായിരുന്നെങ്കിലും അത് നശിക്കപ്പെട്ടു ഇല്ലാത്തതായിരുന്നെങ്കിൽ അതിന്റെ അനുഭവം ഉണ്ടാകത്തില്ല മുൽക്കൊമ്പ് പോലെ മുയൽക്കൊമ്പ് ഇല്ലാത്തതാണ് അതിന്റെ അനുഭവം ഉണ്ടാകുന്നില്ല വിദ്യ ഇല്ലാത്തായിരുന്നെങ്കിലും എന്ത് വരും അനുഭവം ഉണ്ടാകത്തില്ല പക്ഷെ വിദ്യയുടെ അനുഭവം ഉണ്ടല്ലോ അപ്പൊ അവിദ്യയെ അവിദ്യ ഉണ്ടെന്നും പറയാൻ പറ്റില്ലെന്നും പറയാൻ പിന്നെ അനർവചനീയം എന്ന് പറയുന്നതിന് സാധാരണ ലോകത്ത് പറഞ്ഞു വരുന്ന ഒരർത്ഥം കൊണ്ട് എന്താണ് ശബ്ദം കൊണ്ട് പറയാൻ കഴിയാത്ത ആ അർത്ഥം എടുക്കരുത് ആ വിദ്യ പറയുന്നുണ്ട് ശബ്ദം കൊണ്ടാണ് പറഞ്ഞ എന്താണ് സത് അസ്യം അനർവചനീയ എന്നൊക്കെ ശബ്ദം കൊണ്ട് പറയാം അനർവചനീയം എന്ന് പറഞ്ഞാൽ സാധാരണ എന്താണ് ശബ്ദ എന്ന് പറഞ്ഞാൽ ശബ്ദം കൊണ്ട് പറയാൻ കഴിയാത്തത് ആർത്തവിടെ എടുക്കരുത് എന്തുകൊണ്ട് ആ വിദ്യയെ ശബ്ദം കൊണ്ട് പറയാൻ പറ്റും ശബ്ദം കൊണ്ട് എങ്ങനെ പറയും സദസഭ്യം അനുവജനീയ അങ്ങനെയാണ് പറയുന്നത് അപ്പൊ ശബ്ദം കൊണ്ട് പറയാൻ കഴിയാത്തതല്ല വിദ്യ പിന്നെ എന്താണോ സത്തെന്നോ അസത്തെന്നോ നിശ്ചയിക്കാൻ കഴിയാത്തത് അതായത് നമുക്കിങ്ങനെ അനുഭവത്തിൽ അവിദ്യയുടെ അനുഭവം വരുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതുള്ളതാണെന്ന് കാരണം അവിദ്യയുടെ കാര്യമാണ് ഈ പ്രപഞ്ചമൊക്കെ ഇതൊക്കെ അവിദ്യ അനുഭവമാണ് കാണുമ്പോൾ നമുക്ക് എന്ത് ഇതൊക്കെ സത്യമാണെന്ന് അവിദ്യ സത്യമാണ് പക്ഷേ സത്യമാണോ ജ്ഞാനം ബ്രഹ്മജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നു ഇതൊക്കെ മാറിപ്പോ സത്യമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും ഇതില്ലാത്തതാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് നശിച്ചുപോകുന്നതാണെന്ന് പറയുമ്പോൾ നോക്കുന്നു എന്താണിത് ഇല്ലാത്തതാണ് അത് ശരിയാണോ ഇല്ലാത്തതാണോ നമുക്ക് അനുഭവത്തിലുണ്ട് അതാണ് വിദ്യ ആ വിദ്യം രണ്ടു തരത്തിലുണ്ട് ഏതൊക്കെയാണ് അനാദിയായിരിക്കുന്ന വിദ്യ അതിന്റെ മൂലാവിദ്യ എന്ന് പറയും മൂലാവിദ്യ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് തുടക്കമില്ല തുടക്കമില്ലാത്ത കൊണ്ടാണ് അതിനെന്തു പറയുന്നത് അനാദി ആദി ഇല്ലാത്തത് ന വിദ്യത്തെ ആദർ യസ്യ ഏതെന്തിനാണോ ആദി ഇല്ലാത്തതിനാണെന്തു പറയുന്നത് അനാദി ഇപ്പൊ ഇത് അനാദി അവിദ്യയാണ് പക്ഷേ ദ്വിതയം രണ്ടെന്ന് പറഞ്ഞു വിദ്യയം രണ്ടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു നമ്മൾക്ക് പൂർവ്വപൂർവ ജന്മത്തില് നമുക്ക് അനുഭവങ്ങളുണ്ടായി വിഭ്രമം ഭ്രാന്തി ജന്മത്തിന്റെ ഭ്രാന്തിയാണ് ആ ഭ്രാന്തിയിൽ നിന്നുണ്ടായ സംസ്കാരമുണ്ട് ഈ ജന്മത്തിലുണ്ട് ഈ ജന്മത്തിലെ ഈ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന സംസ്കാരം അടുത്ത ജന്മത്തേക്കാണ് ഇങ്ങനെ പൂർവപൂർവ്വ വിഭ്രമജന്യ സംസ്കാരം അതിനെയും അവധ്യെന്ന് പറയും അപ്പൊ സംസ്കാരത്തെയാണ് രണ്ടാമത്തെ അവധ്യം എന്ന് പറയുന്നത് അത് നമുക്ക് ആവശ്യമാണ് പൂർവജന്മത്തിന്റെ അനുഭവത്തിൽ നിന്നുള്ള സംസ്കാരം നോക്കി ഈ ജന്മത്തിൽ ആവശ്യമാണ് അതൊക്കെ മുമ്പോട്ട് എന്നു തുലാവിദ്യയല്ല അതുകൂടെ സ്വീകരിക്കുന്നത് തുലാവിദ്യ എന്ന് പറയുന്നവേര് തുലാവിദ്യക്ക് പകരമാണ് ഇവിടെ വാചസ്പതിമിശ്രീ സ്വീകരിക്കുന്നത് അതുപോല ഈ അവിദ്യ എന്ന് പറയുന്നത് ഓരോ ജീവനിലും വേറെ വേറെയാണ് വാചസ്പതിമിശ്രന് സ്വന്തമായ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട് അവിദ്യ ഒന്നല്ല ഓരോ ജീവനും വേറെ വേറെ വിദ്യ അതുകൊണ്ടെന്താ പ്രയോജനം ഗുരുവിന്റെ അവിദ്യാ ശിഷ്യന്റെ അവിദ്യത്തില്ല ശിഷ്യൻ ഓരോ വിദ്യയാണെങ്കിൽ എന്ത് വരും ഗുരുവിന്റെ അവിദ്യ നിശ്ചിച്ച എല്ലാവരുടെ അവിദ്യയും ഇത് അവിദ്യ വലുതായതുകൊണ്ട് ഒരാൾ ജ്ഞാനിയായിരിക്കും മറ്റൊരാൾക്ക് അജ്ഞാനിയായിരിക്കും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഈ അവിദ്യ ആശ്രയിച്ചിരിക്കുന്നത് ജീവനെയാണ് വിദ്യ ആശ്രയിക്കുന്ന ജീവനെയാണ് ബ്രഹ്മത്തെ അല്ല അവിദ്യ ബ്രഹ്മത്തെ ആശ്രയിച്ചിരിക്കുന്നു പറഞ്ഞാൽ എന്ത് ദോഷം വരും ബ്രഹ്മവും അജ്ഞാനിയാവും ബ്രഹ്മത്തിന് അവിദ്യ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തുവരും ബ്രഹ്മ അജ്ഞാനിയാവും അതുകൊണ്ട് വായ്പ പറയുന്നത് എന്താണോ അവിദ്യയുടെ ആശ്രയമായിരിക്കുന്നത് ജീവൻ എന്നാൽ അവിദ്യയുടെ വിഷയം ബ്രഹ്മമാണ് അവിദ്യയുടെ വിഷയം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവൻ അവിദ്യകൾ കൊണ്ട് ബ്രഹ്മത്തെ അറിയുന്നില്ല അതാണ് അവിദ്യയുടെ വിഷയം എന്ന് പറയുന്നത് ഞാനൊരു കാര്യത്തെ അറിയുന്നില്ല എന്ന് പറഞ്ഞു അതെന്റെ അജ്ഞാന വിഷയമാണ് ജ്ഞാന വിഷയമാണ് ജീവൻ ബ്രഹ്മത്തെ അറിയുന്നു എന്തായി അവിദ്യയുടെ വിഷയമായി അപ്പോ ജീവ ആശ്രിത അവിദ്യ വിഷയ ബ്രഹ്മവിഷയ അവിദ്യ എന്നാണ് പറയുന്നത് ജീവാശ്രിത ബ്രഹ്മവിഷയ അവിദ്യ ഇതൊക്കെ മിശ്രന്റെ സിദ്ധാന്തമാണ് അങ്ങനെയുള്ള അവിദ്യ എന്നുപറയുന്ന ആ ഒരു ഉപകരണം സഹകാരിയോടുകൂടിയതാണെന്ത് ബ്രഹ്മം അതുകൊണ്ടാണ് സൃഷ്ടി നടത്തുന്നത് അതിന് അവിദ്യയെ ഇവിടെ സ്വീകരിക്കുന്നെങ്ങനെ പരിണാമി ഉപാദാനം പരിണാമി ചിലർ അവിദ്യയെ നിമിത്തമായും സ്വീകരിക്കുന്നു ഉപാദാനമായും നിമിത്തമായും സ്വീകരിക്കുന്നു ബ്രഹ്മത്തെ സ്വീകരിക്കുന്നത് ഉപാദാനമായിട്ട് തന്നെ ഇതിനെ സൃഷ്ടിക്കുക പക്ഷെ അത് വിവർത്ത ഉപാധാനമാണ് പറയുന്നത് വിവർത്ത ഉപാധാനമാ പ്രപഞ്ചം വിവർത്തമാണെന്നിവിടെ പറഞ്ഞല്ലോ അപ്പം വിവർത്തത്തിന്റെ കാരണമെന്നാണ് ബ്രഹ്മ അപ്പൊ വിവർത്ത കാരണമെന്നുള്ളത് ഉപാദാനമാണ് ഈ പ്രപഞ്ചത്തിന്റെ പരിണാ ആ പ്രപഞ്ചം അവിദ്യയിൽ നിന്ന് പരിണമിച്ചതുകൊണ്ട് ആ പരിണാമത്തിന് കാരണമായിരിക്കുന്നു അവിദ്യ അപ്പൊ പരിണാമ കാരണമാണെന്ത് അവിദ്യ അസമയം നിവർത്ത കാരണമാണ് അപ്പൊ അവിദ്യ പരിണാമി എന്നുള്ള ഉപാദാനവും വർത്ത കാരണം എന്നുള്ള ആളക്ക് ഉപാധാനമാണ് അപ്പൊ രണ്ടെങ്കിലും ഉപാധാനം എന്ന് പറയാം ഏതിനെ ഏ അവിദ്യയും വിവർത്ത ഉപാ അവിദ്യയും ഉപാധാനം എന്ന് പറയാം ബ്രഹ്മത്തിന് ഉപാധാനം എന്ന് പറയാം ചോദിച്ചാ മണ്ണിൽ നിന്ന് മൺപാത്രം ഉണ്ടായപ്പോൾ മണ്ണ് എങ്ങനെയാണോ ഉപാധാനമായിരിക്കുന്നത് അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഉപാദാനമായിരിക്കുന്നത് ബ്രഹ്മം തന്നെ ഉപാധാനമായിരിക്കുന്ന നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മസത്ത അനുഭവപ്പെടുന്നത് മണ്ണിന്റെ കാര്യമാണെന്താ പാത്രം പാത്രത്തിൽ നമുക്ക് മണ്ണ് അനുഭവപ്പെടുന്നു അതുകൊണ്ട് നമ്മൾ പറയുന്നത് മൺപാത്രം പ്രപഞ്ചത്തിൽ നമുക്ക് ഉണ്മ അനുഭവപ്പെടുന്നു എന്തുകൊണ്ട് അതിന്റെ ഉപാധാനം ബ്രഹ്മമായതുകൊണ്ട് പിന്നെ വിവർത്ത ഉപാധാനം എന്ന് എന്തുകൊണ്ട് പറയുന്നു അസത്യമല്ല ഈ കാര്യം അത് ഉപാദാനമായിരിക്കുന്നുണ്ടെങ്കിലും ഈ വിവർത്ത ഉപാദാനമായതുകൊണ്ട് ബ്രഹ്മവിവർത്തത്തിനുപാദാനമാണ് ഈ കാര്യം സത്യമല്ല പ്രപഞ്ചം സത്യമല്ല ഏതുപോലെ രജുവിലെ സർപ്പം പോലെ ഉദാഹരണം പറയും രജ്ജുവിലെ സർപ്പം രജുവിലെ സർപ്പത്തിൽ ഇവിടുത്തെ ഉപാധാനമാണെന്തോ രജ്ജു അല്ലെങ്കിൽ രജ്ജു വെച്ചു ചൈതന്യം ലളിതമായി പറഞ്ഞാൽ രജ്ജു രജ്ജു ആണ് വിവടുത്തെ ഉപാധാനം എന്നാ പരിണാമി ഉപാധാനം എന്ന് അവിദ്യ അപ്പൊ പരിണാമമാണ് ചൈതന്യത്തിന്റെ വിവർത്തമാണ് രജ്ജുവിന്റെ വിവർത്തമാണെന്ന് വേണമെങ്കിൽ പറയാം രജ്ജു വച്ചതന്യത്തിന്റെ വിവർത്തമാണ് സർപ്പം പിന്നെ പരിണാമി ഉപാധാനമായതുകൊണ്ട് അവിദ്യ ഉപാധാനമാണ് സർപ്പത്തിൽ വിവർത്തോപാദാനമായതുകൊണ്ട് രജ്ജു അവച്ഛനും ചൈതന്യം അല്ലെങ്കിൽ രജ്ജു എന്താണ് ഉപാധാനവും അതുപോലെ തന്നെ എവിടെയും അത് വിധത്തിൽ അവിദ്യ മായാ നിന്നും പുറന്നു മാറിടുന്നു എന്നൊക്കെ പറയുന്ന ഇതാണ് അവിദ്യ ഉപാദാനം എന്നാണ് മായയിൽ നിന്നും ജനിക്കുന്നു പറയുന്നു അത് അവിദ്യ ഉപാധാനത്തെ കാണിക്കേണ്ടത് പിന്നെ ഈ അവിദ്യ എന്ന് പറയുന്നത് എന്താണ് ബ്രഹ്മത്തിന്റെ ഒരു ശക്തിയാണ് ബ്രഹ്മത്തിന്റെ ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ കാര്യ ഉത്പത്തി അനുകൂലം കാര്യ ഉത്പത്തിക്ക് അനുകൂലമായിരിക്കുന്നതിനാണ് എന്ത് പറയുന്നത് ശക്തി ്രഹ്മകാര്യമാണ് പ്രപഞ്ചം ആ പ്രപഞ്ച ഉത്പത്തിക്ക് അനുകൂലമായിരിക്കുന്നതാണ് അവിദ്യ ബ്രഹ്മകാര്യമായി എന്ത് പ്രപഞ്ചം ആ കാര്യമാകുന്ന പ്രപഞ്ച ഉത്പത്തിക്ക് അനുകൂലമായിരിക്കുന്നതാണെന്ത് അവിദ്യ അതുകൊണ്ട് അവിദ്യ എന്ന് പറയുന്നു ബ്രഹ്മ ശക്തി എന്ന് പറയുന്നു ഇതൊക്കെ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോ അങ്ങനെയുള്ള അവിദ്യ സഹകാരിയായിരിക്കയാണ് അവിദ്യയോട് കൂടിയതാണ് ബ്രഹ്മ ഈ അവിദ്യയോട് കൂടിയതാണ് ബ്രഹ്മന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിന് വേറെ ആളുടെ സഹായം സ്വീകരിക്കേണ്ടി വന്നാൽ നമ്മളവിടെ സ്വതന്ത്രമാണ് ആ കാര്യത്തിൽ ഞാൻ സ്വതന്ത്രനല്ലാന്ന് സൃഷ്ടിക്കു വേണ്ടി അവിദ്യയുടെ സഹായം വേണമെന്ന് പറഞ്ഞാൽ അക്കാര്യം അടുത്ത് പറയുന്നത് പ്രഭവത അതിനെല്ലാ സാമർഥ്യമുള്ളതാണ് ബ്രഹ്മം അതിന്റെ സാമർഥ്യത്തിന് കുറവൊന്നും ഇല്ല അപ്പോ അത് മനസ്സിലായിപ്പോന്നു എന്താണ് ഇത് അവിദ്യയെ കൂട്ടുപിടിക്കുന്നുണ്ടെങ്കിലും ബ്രഹ്മത്തിന്റെ സാമർഥ്യത്തിന് ഒരു കുറവും ഇല്ല എന്തുകൊണ്ട് ഇപ്പോ ഒരാള് വിറകേറുന്നു അതിനുവേണ്ടിയാണ് കോടാലി എടുക്കുന്നത് കോടാലി എടുത്ത് ഉറകുകറിയെന്ന് വിചാരിച്ചത് അതായത് സ്വാതന്ത്ര്യത്തെ പാത്രം ി ഉപയോഗിക്കുകയും ഉപയോഗിക്കുകയും എന്തെങ്കിലും ഒരു ഉപകരണത്തെ ഒരാൾ ആശ്രയിച്ചോ എന്ന് വിചാരിച്ച് അയാളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കത്തില്ല മറിച്ച് അയാളുടെ സ്വാതന്ത്ര്യത്തെയാണ് കാണിക്കുന്നത് എന്താണ് അയാൾ എടുക്കാനും കീറാനും കീറാതിരിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട് സ്വീകരിച്ച് ജഗത്തിനെ സൃഷ്ടിക്കുന്നു പറഞ്ഞാൽ അതുകൊണ്ട് ബ്രഹ്മത്തിന് സ്വാതന്ത്ര്യമൊന്നും നഷ്ടപ്പെടത്തില്ല ബ്രഹ്മം സ്വതന്ത്രമായതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് വിദ്യ എടുക്കാനും അതിന്റെ ലോകത്തെ സൃഷ്ടിക്കാനും എല്ലാം കഴിയുന്നു അക്കാര്യം വരാൻ വേണ്ടിട്ടാണെന്ന് പറഞ്ഞ പ്രഭവത സാമർഥ്യമുള്ളതാണ് ഗ്രഹം തന്നെ തന്നെ പൂർണ്ണ സാമർഥ്യ പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഓരോന്നിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അസ്വാതന്ത്ര്യമാണ് അതുകൊണ്ട് സജീവമെന്ന് വെച്ചാൽ സഹകാരിയാണ് എന്താണ് സ്വകാര്യായിരിക്കുന്നു ആർക്ക് സ്വകാര്യ ബ്രഹ്മ എന്തിനു സ്വകാര്യമായിരിക്കുന്നു സൃഷ്ടി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പക്ഷെ അതുകൊണ്ട് അതിന്റെ സ്വാതന്ത്ര്യത്തെ നശിക്കുന്നില്ല സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നില്ല അതുകൊണ്ടെന്തു പറഞ്ഞു പ്രഭവത അത് സാമർഥ്യമുള്ളതാണ് അവിടെയാണ് എന്ത് കാണുന്നത് ഏതേ എന്ന് വെച്ചാൽ പ്രത്യക്ഷ അനുഭവ വിഷയമായിരിക്കുന്ന നമ്മുടെ അനുഭവമായിരിക്കുന്ന എന്ത് വിയത് അനിലം തേജസ് അപ്പ് ആപ ഭൂമി പച്ചഭൂതങ്ങൾ എന്തുവസ്യവർത്താഹ ഇത് ഞാൻ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് അവിദ്യയുടെ കാര്യമായ ഇതൊക്കെ വിവർത്തമാണ് കാരണം ഇവിടെ തുടങ്ങുന്നതിനെ കുറിച്ചാണോ അധ്യാസത്തെ കുറിച്ചാണ് അവിടെ വിവർത്തമാണ് പ്രധാനമായ ചർച്ചയ്ക്ക് വരുന്നത് അതുകൊണ്ടാണ് കൂടെ ആദ്യമേ പറഞ്ഞത് ഇതെല്ലാം ബ്രഹ്മത്തിലെ വിവർത്തമാണോ എന്നു വെച്ചാൽ ആരോപിതമാണോ ആരോപിതമാണെന്ന് പറഞ്ഞ അത് പരമാർത്ഥം അല്ല വിവർത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഉപാദാന വിഷമസത്താകാര്യാപത്തി ആണ് വിവർത്തം പരിണാമം എന്ന് പറഞ്ഞാലോ ഉപാദാന സമസത്താകാര്യപത്തി ഇവിടെ ബ്രഹ്മ ഉപാദാനമാണ് ബ്രഹ്മത്തിന്റെ സത്ത എന്താണ് പരമാർത്ഥസത്തം അതിന്റെ വിഷമസത്തു വെച്ചാൽ അതിന്റെ വിരുദ്ധമായ സത്തയാണ് പ്രപഞ്ചത്തിനുള്ളത് എന്നുവെച്ചാൽ അനുവചനീയമാണ് എന്തുകൊണ്ടാണ് അവിദ്യയുടെ കാര്യമായി തോന്നുന്നത് വിദ്യ അനുരജനീയമാണ് പ്രപഞ്ചവും അനുരചനീയമാണ് അപ്പം ബ്രഹ്മം പരമാർത്ഥമാണ് ജഗത്ത് എന്ന് അപ്പോൾ ഉപാദാനമായ ബ്രഹ്മത്തിൽ നിന്നും വിഷമമായ വിരുദ്ധമായ സത്ത ഏതിനാണോ ഉള്ളത് അതിനാണ് നിവർത്തുന്നു ഇനി ഉപാദാനത്തിന്റെ സത്തയെന്തോ അതേ സത്ത എന്ന കാര്യത്തിൽ തന്നാൽ ആ കാര്യത്തിന് പരിണാമം വരും അതാണ് പ്രപഞ്ചം തന്നെ ഇവിടെ ഉപാദാനം എന്താണ് അവിദ്യ അതെന്താണ് അത് അനുവചനീയമാണ് അതിൽ നിന്നുണ്ടായ പ്രപഞ്ചം എന്താണ് അതും അനുവചനീയമാണ് ഉപാദാന സമസത്തയായി പ്രപഞ്ചത്തിന് സമമായ എന്തായി സമമായ പരിണാമമായി വിരുദ്ധമായ എന്തായി വിവർത്തമാ എന്തിൽ നിന്ന് വിരുദ്ധമായ എന്നാണ് ഉപാദാനത്തിൽ ഉപാദാനത്തിൽ നിന്ന് വിരുദ്ധമായാൽ എന്തായി നിവർത്തമായി ഉപാദാനത്തിന് സമമായി കഴിഞ്ഞാൽ എന്തായി പ്രണവുമായി പിന്നെ സമമാവുന്നിടത്ത് ഉപാദാനം എന്താണ് എന്തിനുപാദാനം പ്രപഞ്ചത്തിന് വിഷമം വിരുദ്ധമാവുന്നിടത്ത് ഉപാദാനം എന്താണ് എന്തിനുപാദാനം അപ്പൊ കാര്യം ഇവിടെ ഒന്നു തന്നെ പ്രപഞ്ചം തന്നെ അതാണ് അവിദ്യാപരിണാമവും ബ്രഹ്മവിവർത്തവും വിവർത്താ അത് അനർവചനീയമാണ് മിഥ്യയാണ് മിഥ്യയുടെ അർത്ഥം അതാണ് അനർവചനീയ മിഥ്യ എന്ന് പറഞ്ഞാൽ സത് അസഭ്യം അനുവചനീയ ഇതാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് പിന്നെ പ്രപഞ്ചസത്തെന്ന് പറയാം അത് വേറെ പ്രക്രിയ അനുസരിച്ച് അത് വേറെ രീതിയാണ് ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് വിശദീകരിക്കുന്നത് അതിന്റെ ഉപാദാന കാരണത്തെയും പരിണാമികാരണത്തെയും എടുത്തിട്ട് പറയുമ്പോൾ പ്രപഞ്ചിൽ നിന്ന് അനുവദിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ വിവർത്ത ആ വിവർത്തത്തിലാണ് ഇങ്ങനെയുള്ള ചർച്ച മുഴുവൻ വിവർച്ച എന്ന് വെച്ചാൽ അഭ്യാസം ആരോപിതം മിഥ്യ കല്പിതം എന്നവരും തന്നെയാണ് പരമാർത്ഥം ഓ mm.